Lesson 14 ഇതാണ് നമ്മുടെ ലൈബ്രറി ലൈബ്രറിക്ക് മലയാളം വാക്ക് എന്താണ് സാർ ഗ്രന്ഥശാലയോ അതെ റീഡിംഗ് റൂം ആണേ ചിലപ്പോൾ രണ്ടും ഒന്നായിരിക്കും സാർ ഈ സെക്ഷനിൽ മുഴുവനും മലയാളം പുസ്തകങ്ങളാണോ അല്ല ഈ ഏഴെട്ടു ഷെൽഫുകളേത് മാത്രം ഒൻപതാമത്തെ ഷെൽഫ് മുതൽ മറ്റ് ഭാരതീയ ഭാഷകളിലെ പുസ്തകങ്ങളാണ് ആ പുതിയ സെക്ഷൻസ് ഒക്കെ എന്തിനാണ് സാർ വടക്കു വശത്തെ സെക്ഷനിൽ വിദേശഭാഷാ പുസ്തകങ്ങളാണ് കിഴക്ക് ഭാഗത്തെ സെക്ഷനിലാണ് പാഠപുസ്തകങ്ങളും നിഹണ്ടുക്കളും വിജ്ഞാനാഘോഷങ്ങളും സാർ ഈ വലിയ പുസ്തകം എന്താണ് നോവലല്ലേ ഏത് പുസ്തകം എന്താണ് അതിൻ്റെ പേര് ഉമ്മാചു ഉമ്മാച്ചുവോ സാഹു അത് മലയാളത്തിലെ മികച്ച നോവലുകളിൽ ഒന്നാണ് ഒരു മുസ്ലിം സ്ത്രീയുടെ പേരാണ് ഉമ്മാച്ചു എന്നെ മലബാറിലെ മുസ്ലമാൻ സമുദായത്തിന്റെ കഥയാണ് ആ നോവൽ ഉമ്മാച്ചു ആ നോവലിലെ നായിക അതെ വേദനയുടെ പ്രതീകമാണ് അവൾ ആരാണ് സാർ ഗ്രന്ഥകർത്താവ് എന്തൊരു പേരാണത് അദ്ദേഹത്തിൻ്റെ തൂലികാ നാമമാണതെ ഉറൂബിന്റെ യഥാർത്ഥ നാമധേയം പി സി കുട്ടിക്കൃഷ്ണൻ എന്നാണ് അദ്ദേഹം ഒരു പ്രസിദ്ധ കഥാകൃത്തും നോവലിസ്റ്റുമാണ് സാർ ജി ശങ്കര മലയാള സാഹിത്യകാരനല്ലേ അതെ അദ്ദേഹം ആധുനിക മലയാളത്തിലെ വലിയ ഒരു അദ്ദേഹം രാഷ്ട്രപ്രശസ്തനാണേ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് കാരണം ആദ്യത്തെ ജ്ഞാനപീഠ സമ്മാനം അദ്ദേഹത്തിനായിരുന്നു ശങ്കരക്കുറിപ്പിന്റെ ഏത് കൃതിക്കായിരുന്നു സാർപീഠ സമ്മാനം ഒരു കവിതാ സമാഹാരത്തിന് ഓടക്കുഴൽ എന്നാണ് അതിന്റെ പേര് ലിസൺ ആൻഡ് റിപ്പീറ്റ് ഇതാണ് നമ്മുടെ ലൈബ്രറി ഇതാണ് നമ്മുടെ ലൈബ്രറി ലൈബ്രറിക്ക് മലയാളം വാക്ക് എന്താണ് സാർ ലൈബ്രറിക്ക് മലയാളം വാക്ക് എന്താണ് സാർ ഗ്രന്ഥശാല ഗ്രന്ഥശാല അപ്പോൾ വായനശാലയോ അപ്പോൾ വായനശാലയോ അത് റീഡിംഗ് റൂം ആണ് അത് റീഡിംഗ് റൂമാണ് ചിലപ്പോൾ രണ്ടും ഒന്നായിരിക്കും ചിലപ്പോൾ രണ്ടും ഒന്നായിരിക്കും സാർ ഈ സെക്ഷനിൽ മുഴുവനും മലയാളം പുസ്തകങ്ങളാണോ സാർ ഈ സെക്ഷനിൽ മുഴുവനും മലയാളം പുസ്തകങ്ങളാണോ അല്ല ഈ ഏഴെട്ടു ഷെൽഫുകളിലേത് മാത്രം അല്ല ഈ ഏഴെട്ടു ഷെൽഫുകളിലേത് മാത്രം ബാക്കിയോ ബാക്കിയോ ഒൻപതാമത്തെ ഷെൽഫ് മുതൽ മറ്റു ഭാരതീയ ഭാഷകളിലെ പുസ്തകങ്ങളാണ് ഒൻപതാമത്തെ ഷെൽഫ് മുതൽ മറ്റു ഭാരതീയ ഭാഷകളിലെ പുസ്തകങ്ങളാണ് ആ പുതിയ സെക്ഷൻസ് ഒക്കെ എന്തിനാണ് സാർ പുതിയൊക്കെ വടക്കുവശത്തെ സെക്ഷനിൽ വിദേശഭാഷ പുസ്തകങ്ങളാണ് വടക്കു വശത്തെ വിദേശ വിദേശഭാഷാ പുസ്തകങ്ങളാണ് കിഴക്ക് ഭാഗത്തെ സെക്ഷനിലാണ് പാഠപുസ്തകങ്ങളും നിഹണ്ടുക്കളും വിജ്ഞാനകോശങ്ങളും കിഴക്കുഭാഗത്തെ സെക്ഷനിലാണ് പാഠപുസ്തകങ്ങളും നിഹന്തുക്കളും വിജ്ഞാന കോശങ്ങളും സാർ ഈ വലിയ പുസ്തകം എന്താണ് നോവലല്ലേ സാർ ഈ വലിയ പുസ്തകം എന്താണ് നോവലല്ലേ ഏത് പുസ്തകം എന്താണ് അതിന്റെ പേര് ഏത് പുസ്തകം എന്താണ് അതിൻ്റെ പേര് ഉമ്മാച്ചുമാച്ചുവോ സാഹു അത് മലയാളത്തിലെ മികച്ച നോവലുകളിൽ ഒന്നാണ് സാഹു അത് മലയാളത്തിലെ മികച്ച നോവലുകളിൽ ഒന്നാണ് ഒരു മുസ്ലിം സ്ത്രീയുടെ പേരാണ് ഉമ്മാച്ചു എന്ന് ഒരു മുസ്ലിം സ്ത്രീയുടെ പേരാണ് ഉമ്മാച്ചു എന്ന് മലബാറിലെ മുസലമാൻ സമുദായത്തിന്റെ കഥയാണ് ആ നോവൽ മലബാറിലെ മുസലമാൻ സമുദായത്തിന്റെ കഥയാണ് ആ നോവൽ ഉമ്മാച്ചു ആ നോവലിലെ നായിക ഉമ്മാച്ചു ആണോ ആ നോവലിലെ നായിക അതെ വേദനയുടെ പ്രതീകമാണവൽ അതെ വേദനയുടെ പ്രതീകമാണവൾ ആരാണ് സാർ ഗ്രന്ഥകർത്താവ് ആരാണ് സാർ ഗ്രന്ഥകർത്താവ് ഉറൂബ ഉറൂബോ എന്തൊരു പേരാണത് ഉറുബോ എന്തൊരു പേരാണത് അദ്ദേഹത്തിന്റെ തൂലിക അദ്ദേഹത്തിന്റെ തൂലിക നാമമാണത് ഉറൂബിന്റെ യഥാർത്ഥ നാമധേയം പി സി കുട്ടികൃഷ്ണൻ എന്നാണേ ഉറൂബിന്റെ യഥാർത്ഥ നാമധേയം പി സി കുട്ടികൃഷ്ണൻ എന്നാണ് അദ്ദേഹം ഒരു പ്രസിദ്ധ കഥാകൃത്തും നോവലിസ്റ്റുമാണ് അദ്ദേഹം ഒരു പ്രസിദ്ധ കഥാകൃത്തും നോവലിസ്റ്റുമാണ് സാർ ജി ശങ്കര മലയാള സാഹിത്യകാരനല്ലേ സർ ജി ശങ്കര കുറിപ്പും മലയാള സാഹിത്യകാരനല്ലേ അതെ അദ്ദേഹം ആധുനിക മലയാളത്തിലെ വലിയ ഒരു കവിയാണ് അതേ അദ്ദേഹം ആധുനിക മലയാളത്തിലെ വലിയ കവിയാണ് അദ്ദേഹം രാഷ്ട്രപ്രശസ്തനാണ് അദ്ദേഹം രാഷ്ട്രപ്രശസ്തനാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് കാരണം എന്താണ് അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് കാരണം ആദ്യത്തെ ജ്ഞാനപീഠ സമ്മാനം അദ്ദേഹത്തിനായിരുന്നു ആദ്യത്തെ ജ്ഞാനപീഠ സമ്മാനം അദ്ദേഹത്തിനായിരുന്നു ശങ്കരക്കുറിപ്പിന്റെ ഏത് കൃതിക്കായിരുന്നു സാർ ജ്ഞാനപീഠ സമ്മാനം ശങ്കരക്കുറിപ്പിന്റെ ഏത് കൃതിക്കായിരുന്നു സാർ ജ്ഞാനപീഠ സമ്മാനം ഒരു കവിതാ സമാഹാരത്തിന് ഒരു കവിതാ സമാഹാരത്തിന് ഓടക്കുഴൽ എന്നാണ് അതിന്റെ പേര് ഓടക്കുഴൽ എന്നാണ് അതിന്റെ പേര് വീട്ടിൽ ആരൊക്കെയുണ്ട് നായർ നാട്ടിൽ നിങ്ങൾക്ക് സ്വന്തം വീടുണ്ടോ ഉണ്ട് വീടും പുരയിടവും നിലവും വീട്ടിൽ ആരൊക്കെയുണ്ട് അച്ഛനും അമ്മയും സഹോദരങ്ങള് എത്ര സഹോദരന്മാരുണ്ട് നിങ്ങൾക്ക് ഒരു അനിയനും ഒരു ചേട്ടനും സഹോദരിമാരില്ലേ ഇല്ല എനിക്ക് സ്വന്തം സഹോദരിമാരില്ല പക്ഷേ ബന്ധത്തിൽ ഒരു അനിയത്തിയുണ്ട് കുഞ്ഞമ്മയുടെ മകൾ നിങ്ങളുടെ അച്ഛനെ എന്താണ് തൊഴിൽ കൃഷിപ്പണി സർക്കാർ ജോലിയൊന്നും ഇല്ലേ ഇല്ല പിന്നെ കൃഷിയുടെ കൂടെ വേറെ ഏതെങ്കിലും ബിസിനസ് ഉണ്ടോ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് സ്വത്തൊക്കെ ധാരാളമുണ്ടോ മൂന്നര ഏക്കർ വയലുണ്ട് പിന്നെ ഒരഞ്ച് ഏക്കർ പുരയിടവും ഉണ്ട് പുരയിടത്തിൽ എന്തൊക്കെ കൃഷികളുണ്ട് മരച്ചീനിയും വാഴയും കുരുമുളകും പിന്നെ പത്തഞ്ഞൂറ് മൂട് തെങ്ങുമുണ്ട് ഒരേക്കർ സ്ഥലത്ത് ഒരു മലക്കറി തോട്ടവും ആ തോട്ടത്തിൽ ധാരാളം മലക്കറികളുണ്ടോ ഉണ്ട് വെള്ളരിക്ക കത്തിരിക്ക വെണ്ടയ്ക്ക മത്തങ്ങ കുമ്പളങ്ങ വഴുതനങ്ങ മുതലായ സാധാരണ പച്ചക്കറികളൊക്കെയുണ്ട് തക്കാളിയും മുട്ടക്കോസും ഇല്ല അതൊന്നുമില്ല പക്ഷേ വേറെ പലയിനം പച്ചക്കറികളുണ്ട് എന്തൊക്കെ പാവയ്ക്ക മുരിങ്ങക്ക പടവലങ്ങ ചേന ചേമ്പ് ചീനിയമരയ്ക്ക മുതലായവ അതൊരു വലിയ തോട്ടമാണല്ലോ നിങ്ങൾ മുതലാളികൾ തന്നെ സംശയമില്ല നിങ്ങൾക്ക് സ്വന്തം വീടുണ്ടോ നായർ നാട്ടിൽ നിങ്ങൾക്ക് സ്വന്തം വീടുണ്ടോ ഉണ്ട് വീടും പുരയിടവും നിലവും ഉണ്ട് ും പുരയിടവും നിലവുമുണ്ട് വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിൽ ആരൊക്കെയുണ്ട് അച്ഛനും അമ്മയും സഹോദരങ്ങളും അച്ഛനും അമ്മയും സഹോദരങ്ങളും എത്ര സഹോദരന്മാരുണ്ട് നിങ്ങൾക്ക് എത്ര സഹോദരന്മാരുണ്ടോ നിങ്ങൾക്ക് ഒരനിയനും ഒരു ചേട്ടനും ഒരനിയനും ഒരു ചേട്ടനും സഹോദരിമാരില്ലേ സഹോദരിമാരില്ലേ ഇല്ല എനിക്ക് സ്വന്തം സഹോദരിമാരില്ല എനിക്ക് സ്വന്തം സഹോദരിമാരില്ല പക്ഷേ ബന്ധത്തിലൊരു അനിയത്തിയുണ്ട് പക്ഷേ ബന്ധത്തിലൊരു അനിയത്തിയുണ്ട് കുഞ്ഞമ്മയുടെ മകൾ കുഞ്ഞമ്മയുടെ മകൾ നിങ്ങളുടെ അച്ഛന് എന്താണ് തൊഴിൽ നിങ്ങളുടെ അച്ഛന് എന്താണ് തൊഴിൽ കൃഷിപ്പണി കൃഷിപ്പണി സർക്കാർ ജോലിയൊന്നുമില്ലേ സർക്കാർ ജോലിയൊന്നുമില്ലേ ഇല്ല ഇല്ല പിന്നെ കൃഷിയുടെ കൂടെ വേറെ ഏതെങ്കിലും ബിസിനസ് ഉണ്ടോ പിന്നെ കൃഷിയുടെ കൂടെ വേറെ ഏതെങ്കിലും ബിസിനസ് ഉണ്ടോ ഇല്ല ഇല്ല അപ്പോൾ നിങ്ങൾക്ക് സ്വത്തൊക്കെ ധാരാളമുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് സ്വത്തൊക്കെ ധാരാളം ഉണ്ടോ ഇല്ല ഒരുപാടൊന്നുമില്ല മൊത്തം എത്ര ഏക്കർ സ്ഥലമുണ്ട് മൂന്നര ഏക്കർ വയലുണ്ട് പിന്നെ ഒരഞ്ച് ഏക്കർ പുരയിടവുമുണ്ട് മൂന്നര ഏക്കർ വയലുണ്ട് പിന്നെ ഒരഞ്ച് ഏക്കർ പുരയിടവുമുണ്ട് പുരയിടത്തിൽ എന്തൊക്കെ കൃഷികളുണ്ട് പുരയിടത്തിൽ എന്തൊക്കെ കൃഷികളുണ്ട് മരച്ചീനിയും വാഴയും കുരുമുളകും പിന്നെ പത്തഞ്ഞൂറ് മൂട് തെങ്ങുമുണ്ട് മരച്ചീനിയും വാഴയും കുരുമുളകും പിന്നെ പത്തഞ്ഞൂറ് മൂട് തെങ്ങുമുണ്ട് ഒരേക്കർ സ്ഥലത്ത് ഒരു മലക്കറി തോട്ടവുമുണ്ട് ഒരേക്കർ സ്ഥലത്ത് ഒരു മലക്കറി തോട്ടവുമുണ്ട് ആ തോട്ടത്തിൽ ധാരാളം മലക്കറികളുണ്ടോ ആ തോട്ടത്തിൽ ധാരാളം മലക്കറികളുണ്ടോ ഉണ്ട് വെള്ളരിക്ക കത്തിരിക്ക വെണ്ടയ്ക്ക മത്തങ്ങ കുമ്പളങ്ങ വഴുതനങ്ങ മുതലായ സാധാരണ പച്ചക്കറികളൊക്കെയുണ്ട് കത്തിരിക്ക വെണ്ടയ്ക്ക മത്തങ്ങ കുമ്പളങ്ങ വഴുതനങ്ങ മുതലായ സാധാരണ പച്ചക്കറികളൊക്കെയുണ്ട് തക്കാളിയും മുട്ടക്കോശമൊന്നുമില്ല തക്കാളിയും മുട്ടക്കോശമൊന്നുമില്ല ഇല്ല അതൊന്നുമില്ല പക്ഷേ വേറെ പല ഇനം പച്ചക്കറികളുണ്ട് അതൊന്നുമില്ല പക്ഷേ വേറെ പല ഇനം പച്ചക്കറികളുണ്ട് എന്തൊക്കെ പാവയ്ക്ക മുരിങ്ങയ്ക്ക പടവലങ്ങ ചേന ചേമ്പ് ചീനിയമരയ്ക്ക മുതലായവ പാവയ്ക്ക മുരിങ്ങ പടവളങ്ങ ചേന ചേമ്പ് ചീനി അമരക്ക മുതലായവ അതൊരു വലിയ തോട്ടമാണല്ലോ അതൊരു വലിയ തോട്ടമാണല്ലോ നിങ്ങൾ മുതലാളികൾ തന്നെ സംശയമില്ല നിങ്ങൾ മുതലാളികൾ തന്നെ സംശയമില്ല ഡ്രിൽസ് റപ്പറ്റീഷ്യൻ ഡ്രിൽ മധുവിന് ഒരു പച്ചക്കറി തോട്ടമുണ്ട് മധുവിന് ഒരു പച്ചക്കറി ഞങ്ങളുടെ ക്ലാസ്സിൽ പെൺകുട്ടികളും ഞങ്ങളുടെ ക്ലാസിൽ പെൺകുട്ടികളുമുണ്ട് കേരളത്തിൽ ധാരാളം തെങ്ങുകളുണ്ട് കേരളത്തിൽ ധാരാളം തെങ്ങുകളുണ്ട് എന്റെ അച്ഛന് സ്വന്തം വീടില്ല എന്റെ അച്ഛന് സ്വന്തം വീടില്ല ഈ വീട്ടിൽ ഇപ്പോൾ ആരും ഇല്ല ഈ വീട്ടിൽ ഇപ്പോൾ ആരും ഇല്ല ഗോപാലന് സഹോദരിമാരില്ല ഗോപാലന് സഹോദരിമാരില്ല നിങ്ങൾക്ക് സർക്കാർ ജോലി ഉണ്ടോ നിങ്ങൾക്ക് സർക്കാർ ജോലിയുണ്ടോ ആ പൂന്തോട്ടത്തിൽ എല്ലാ പൂക്കളും ഉണ്ടോ ആ പൂന്തോട്ടത്തിൽ എല്ലാ പൂക്കളും ഉണ്ടോ നമുക്കും ശത്രുക്കളുണ്ടോ നമുക്കും ശത്രുക്കളുണ്ടോ നിങ്ങൾക്ക് സ്വന്തം വീടും പുരയിടവും ഇല്ലേ നിങ്ങൾക്ക് സ്വന്തം വീടും പുരയിടവും ഇല്ലേ ആ പുരയിടത്തിലും മരച്ചിനി കൃഷി ഇല്ലേ ആ പുരയിടത്തിലും മരച്ചിനി കൃഷിയില്ലേ ഇവിടെ ആർക്കും സ്വന്തം ബിസിനസ് ഇല്ലേ ഇവിടെ ആർക്കും സ്വന്തം ബിസിനസ് ഇല്ലേ ബിൽഡപ്പ് ഡ്രിൽ മോഡൽ ഉണ്ട് ഉണ്ട് കൃഷികൾ കൃഷികൾ ഉണ്ട് എന്തൊക്കെ എന്തൊക്കെ കൃഷികൾ ഉണ്ട് ഗ്രാമത്തിൽ ഗ്രാമത്തിൽ എന്തൊക്കെ കൃഷികളുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഗ്രാമത്തിൽ എന്തൊക്കെ കൃഷികളുണ്ട് നൗ ഫോളോ ദ മോഡൽ ഇല്ല ആരുമില്ല ബംഗാളികൾ ബംഗാളികൾ ആരുമില്ല ക്ലാസിൽ ഞങ്ങളുടെ ക്ലാസിൽ ബംഗാളികൾ ആരുമില്ല സബ്സ്റ്റിറ്റ്യൂഷൻ എൻ്റെ സഹോദരന് ഒരു വലിയ ലൈബ്രറി ഉണ്ട് കൂട്ടുകാരനെ എന്റെ കൂട്ടുകാരന് ഒരു വലിയ ലൈബ്രറി ഉണ്ട് അച്ഛന് എൻറെ അച്ഛന് ഒരു വലിയ ലൈബ്രറി ഉണ്ട് അധ്യാപകന് എന്റെ അദ്ധ്യാപകന് ഒരു വലിയ ലൈബ്രറി വിദ്യാർത്ഥിക്ക് എന്റെ വിദ്യാർത്ഥിക്ക് ഒരു വലിയ ലൈബ്രറി ഉണ്ട് ഭാര്യക്ക് എൻറെ ഭാര്യക്ക് ഒരു വലിയ ലൈബ്രറി ഉണ്ട് ഭർത്താവിന് എന്റെ ഭർത്താവിന് ഒരു വലിയ ലൈബ്രറി ഉണ്ട് മകന് എന്റെ മകന് ഒരു വലിയ ലൈബ്രറി ഉണ്ട് ചേച്ചിക്ക് എൻറെ ചേച്ചിക്ക് ഒരു വലിയ ലൈബ്രറി ഉണ്ട് മുഹമ്മദിനെ ചേച്ചി ഇല്ല ചേട്ടൻ മുഹമ്മദിന് ചേട്ടൻ ഇല്ല സഹോദരങ്ങൾ മുഹമ്മദിന് സഹോദരങ്ങൾ ഇല്ല അമ്മ മുഹമ്മദിന് അമ്മ ഇല്ല അച്ഛൻ മുഹമ്മദിന് അച്ഛൻ ഇല്ല ജോലി മുഹമ്മദിന് ജോലി ഇല്ല ബിസിനസ് മുഹമ്മദിന് ബിസിനസ് ഇല്ല കുട്ടികൾ മുഹമ്മദിന് കുട്ടികൾ ഇല്ല ആ പട്ടണത്തിൽ വലിയ വീടുകളുണ്ടോ സ്കൂളുകൾ ആ പട്ടണത്തിൽ വലിയ സ്കൂളുകളുണ്ടോ കെട്ടിടങ്ങൾ ആ പട്ടണത്തിൽ വലിയ കെട്ടിടങ്ങൾ ഉണ്ടോ പൂന്തോട്ടങ്ങൾ ആ പട്ടണത്തിൽ വലിയ പൂന്തോട്ടങ്ങൾ ഉണ്ടോ ലൈബ്രറികൾ ആ പട്ടണത്തിൽ വലിയ ലൈബ്രറികൾ ഉണ്ടോ ആ ആഴ്ച പതിപ്പിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോയിലെ പുതിയ കഥകൾ ആ ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹത്തിന്റെ പുതിയ കഥകൾ ഇല്ലെ നല്ല കവിതകൾ ആ ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹത്തിന്റെ നല്ല കവിതകൾ ഇല്ലെ വലിയ ലേഖനങ്ങൾ ആ ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹത്തിന്റെ വലിയ ലേഖനങ്ങൾ ഇല്ല ട്രാൻസ്ഫർമേഷൻ ഡ്രിൽ മോഡൽ വൺ കേരളത്തിൽ വലിയ പൂന്തോട്ടങ്ങളുണ്ട് കേരളത്തിൽ വലിയ പൂന്തോട്ടങ്ങളില്ല നൗ ഫോളോ ദോഡൽ സീതയ്ക്ക് പുതിയ വാച്ച് ഉണ്ട് സീതയ്ക്ക് പുതിയ അയാൾക്ക് നല്ല ബിസിനസ് ഉണ്ട് അയാൾക്ക് നല്ല ബിസിനസ് ഇല്ല ഞങ്ങളുടെ തലസ്ഥാന നഗരത്തിൽ ലൈബ്രറികൾ ഉണ്ട് ഞങ്ങളുടെ തലസ്ഥാന നഗരത്തിൽ നല്ല ലൈബ്രറികൾ ഇല്ല രഘുവിന്റെ അമ്മയ്ക്ക് സർക്കാർ ജോലിയുണ്ട് രഘുവിന്റെ അമ്മയ്ക്ക് സർക്കാർ ജോലിയില്ല മോഡൽ ടു ശാന്തി നഗറിൽ അൻപത് വീടുകൾ ഉണ്ട് ശാന്തി നഗറിൽ അൻപത് വീടുകൾ ഉണ്ടോ നൗ ഫോളോ ദ മോഡൽ ആ ഗ്രാമത്തിൽ ഒരു നേഴ്സറി സ്കൂൾ ഉണ്ട് ആ ഗ്രാമത്തിൽ ഒരു നേഴ്സറി സ്കൂൾ ഉണ്ടോ കേരളത്തിൽ ധാരാളം പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ട് കേരളത്തിൽ ധാരാളം പച്ചക്കറി ഉണ്ടോ രാധാദേവിക്ക് മൂന്ന് മക്കൾ ഉണ്ട് രാധാദേവിക്ക് മൂന്ന് മക്കൾ ഉണ്ടോ വാസുവിന്റെ വീട്ടിൽ വിരുന്നുകാർക്ക് വാസുവിന്റെ വീട്ടിൽ വിരുന്നുകാർക്ക് വേറെ മുറി ഉണ്ടോ നമ്മുടെ വീട്ടിനടുത്ത് തയ്യൽ കട ഇല്ല നമ്മുടെ വീട്ടിനടുത്ത് തയ്യൽക്കട ഇല്ലേ ോ ദൽ വാടക വീട്ടിൽ പൂന്തോട്ടം ഇല്ല വാടക വീട്ടിൽ പൂന്തോട്ടം ഇല്ലേ എനിക്ക് വലിയ കൂട്ടുകാർ ഇല്ല എനിക്ക് വലിയ കൂട്ടുകാരില്ലേ ഞങ്ങളുടെ വീട്ടുടമസ്ഥന് ചീത്ത സ്വഭാവം ഇല്ല ഞങ്ങളുടെ വീട്ടുടമസ്ഥന് ചീത്ത സ്വഭാവം ഇല്ലേ ആർക്കും ഭാഗ്യം ഇല്ല ആർക്കും ഭാഗ്യമില്ലേ റെസ്പോൺസ് ഡ്രിൽ മോഡൽ വൺ നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് എനിക്ക് മൂന്ന് മക്കളുണ്ട് നൗ ഫോളോ ദ മോഡൽ നിങ്ങൾക്ക് എത്ര സഹോദരങ്ങളുണ്ട് എനിക്ക് നിങ്ങൾക്ക് എത്ര പേനയുണ്ട് എനിക്ക് മോഡൽ ടു ആ പട്ടണത്തിൽ വിദ്യാർത്ഥിനികൾക്ക് നല്ല ഹോസ്റ്റലുകൾ ഉണ്ടോ ഉണ്ട് ആ പട്ടണത്തിൽ വിദ്യാർത്ഥിനികൾക്ക് നല്ല ഹോസ്റ്റലുകൾ ഉണ്ട് ഇല്ല ആ പട്ടണത്തിൽ വിദ്യാർത്ഥിനികൾക്ക് നല്ല ഹോസ്റ്റലുകൾ ഇല്ല ധാരാളം വാടക വീടുകളുണ്ട് നൗ ഫോളോ ദോഡൽ നിങ്ങളുടെ ഭാഷയിൽ ധാരാളം എഴുത്തുകാരുണ്ടോ ഉണ്ട് ഇല്ല നിങ്ങളുടെ വീട്ടിൽ പൂന്തോട്ടം ഉണ്ടോ ഉണ്ട് ഇല്ല മോഡൽ ത്രീ അദ്ദേഹത്തിന്റെ മരുമങ്ങനെ സർക്കാർ ജോലി ഇല്ലേ ഉണ്ട് അദ്ദേഹത്തിന്റെ മരുമകന് സർക്കാർ ജോലി ഉണ്ട് ഇല്ല അദ്ദേഹത്തിന്റെ മരുമകന് സർക്കാർ ജോലി ഇല്ല സ്വന്തം ബിസിനസ് ഉണ്ട് നൗ ഫോളോ ദോഡൽ നിനക്ക് സ്വന്തം വീടില്ലേ ഉണ്ട് ഇല്ല നിങ്ങൾക്ക് കുട്ടികളിലെ ഉണ്ട് ഇല്ല